സ്വാത്മാടമക തക്നാദാ ദീdartajana prastamanam hari sovyap saradi sundara tanushin bhav namami yo deviye dacchana mokti vyasa sangara shabdam jano tatam kendratvande satyanandra padoditana privatti prada atmanda sarv prakritha vajana krede chukramaya tat tat pradeevita bhusha ശ്രീ മഹാരാ ഇവിടെ ജ്ഞാനവും ആത്മാവും തമ്മിലുള്ള സംബന്ധം അതിനെക്കുറിച്ചാണ് താർക്കിയന്മാർ പറയുന്നതുപോലെ അത് നിത്യസംബന്ധമാണെങ്കിൽ ജീവാത്മാവിനോടോ അതോ പരമാത്മാവിനോടോ ജീവാത്മാവിൽ അവർ സ്വീകരിക്കുന്നില്ല ജീവാത്മാവിന്റെ ജ്ഞാനമാനിത്യമാണ് ഇനി പരമാത്മാവിലാണെങ്കിൽ അത് ശരിയായില്ല കാരണം മൈത്രിയി ബ്രാഹ്മണത്തിൽ പ്രീത്യസ അസ്ഥി മരണശേഷം ബോധമില്ല എന്ന് പറഞ്ഞപ്പോൾ ബോധം നഷ്ടപ്പെടുമോന്ന് മൈത്രിക്ക് ആശങ്കയുണ്ടായപ്പോൾ അവിടെ പറഞ്ഞു വിശേഷ വിജ്ഞാനമില്ല എന്ന് പറഞ്ഞു അവിടെയും വിശേഷ വിജ്ഞാന അഭാവത്തെ പറഞ്ഞു ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് വിശേഷ വിജ്ഞാനാഭാവം എന്ന് പറയുന്നത് ഈശ്വരനിലൊരിക്കലും കൽപ്പിക്കാൻ പറ്റില്ല ഈശ്വരന് കാര്ക്കി കുമാരി നിത്യജ്ഞാനത്തെ സ്വീകരിച്ചിരിക്കുകയാണ് അപ്പൊ തർക്കീൻ സ്വീകരിക്കുന്നുണ്ട് അതങ്ങനെ യോജിക്കും കാരണം ഇവിടെ ജീവാത്മാവിനെക്കുറിച്ച് പറഞ്ഞ് പിന്നീട് അത് പരമാത്മാവിനെത്തുമ്പോൾ അവിടെ ജ്ഞാനത്തിൻ്റെ നാശത്തെക്കുറിച്ച് പറയുന്നു ഈശ്വരനിൽ നിത്യജ്ഞാനമാണെങ്കിൽ ഈശ്വരനിൽ ജ്ഞാനനാശത്തെക്കുറിച്ച് അങ്ങനെ പറയാൻ പറ്റും വിശേഷ വിജ്ഞാനാഭാവം അതിനുവേണ്ടിയിട്ട് അവിടുത്തെ ജ്യോതിർബ്രാഹ്മണത്തെ പറയുന്നു ജ്യോതിർബ്രാഹ്മണേജ ജാഗരാദ്യവസ്ഥ ഉപന്യാസപുരസ്തരം ജ്യോതിർബ്രാഹ്മണത്തിലും ജാഗരാതി അവസ്ഥകളെ ഉപന്യസിച്ചിട്ട് ആദ്യ അതിനെ കുറിച്ച് പറഞ്ഞെന്ന് വെച്ചാൽ ജാഗ്രസ്വപ്ന സുഷുപ്തി അത എത്ര സുപ്തോ എന്ന കഞ്ചന കാമം കാമേ എന്ന കഞ്ചന സ്വപ്നം പശ്യതി ഇതി സമ്പ്രസാദാവസ്ഥാനം അവതാര്യ എത്ര സുപ്തോ എന്ന കഞ്ചന കാമം കാമേ സുപ്തൻ ഒരു കാമത്തെയും കാമിക്കുന്നില്ല കഞ്ചന സ്വപ്നം പശ്യതി സ്വപ്നമില്ലാന്ന് പറഞ്ഞാൽ വിശേഷ വിജ്ഞാനം ഇല്ലെന്നർത്ഥം അവിടെ ജാഗ്രതമില്ല സ്വപ്നവുമില്ല ഇത് സമ്പ്രസാദ അവസ്ഥാനം അവതാര്യ സമ്പ്രസാദാവസ്ഥയെ നിർദ്ദേശിച്ചിട്ട് അതുകഴിഞ്ഞ് അഭാവേ സ്വരൂപ വിജ്ഞാനസിൽ നിത്യത്വ പ്രതിപാദനമാണ് അവിടെ വിശേഷ വിജ്ഞാനത്തെ നിഷേധിക്കുകയും നിത്യജ്ഞാനത്തെ അംഗീകരിക്കുകയും ചെയ്തു പക്ഷെ ആ നിത്യജ്ഞാനം സ്വരൂപജ്ഞാനമാണ് അല്ലാതെ ഈശ്വരനിൽ സമവായ സംബന്ധത്തിലിരിക്കുന്ന നിത്യജ്ഞാനമുണ്ട് ഇപ്പൊ ശ്രുതിയിൽ നിത്യജ്ഞാനത്തെ അംഗീകരിച്ചിരിക്കുന്നത് ആ ജ്ഞാനം ഈശ്വരന്റെ സ്വരൂപമായിട്ടാണ് അല്ലാതെ ഈശ്വരന്റെ വിശേഷ വിജ്ഞാനമായിട്ട് അല്ല അതാണൊരു ഹേതു അതുകൊണ്ട് ഈശ്വരനിൽ നിത്യജ്ഞാനമില്ല സ്വരൂപവിജ്ഞാനത്തിൽ നിത്യത്വ പ്രതിപാദന സ്വരൂപ വിജ്ഞാനത്തെ അവിടെ നിത്യമായി പറഞ്ഞിരിക്കുന്നു അല്ലാതെ സ്വഭാവ സംബന്ധത്തിലുള്ള ജ്ഞാനം അല്ല എന്നർത്ഥം അതുകൊണ്ട് ഈശ്വര പക്ഷേ ചജ്ഞാനാഭാവസ്യ ഭക്തം അയുക്തത്വ ഈശ്വരനെ സംബന്ധിച്ച് വിശേഷ വിജ്ഞാനം ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല എന്തുകൊണ്ട് ഈശ്വരൻ്റെ ജ്ഞാനം തർക്കം പറയുന്നതനുസരിച്ച് ഈശ്വരനിൽ ജ്ഞാനം സമവായ സംബന്ധത്തിൽ നിത്യമായിരിക്കുന്ന ഒന്നാണ് അങ്ങനെ ഈശ്വരപക്ഷേച ഈശ്വരപക്ഷത്തിൽ വിശേഷ വിജ്ഞാനാഭാവസ്ഥ വക്തം അയുക്തത്വ വിശേഷ വിജ്ഞാനാഭാവത്തെ പറയാൻ കഴിയില്ല തസ്യ സർവതാ സർവജ്ഞത്വം എന്തുകൊണ്ട് ഈശ്വരൻ നിത്യജ്ഞാനവാനാണ് സർവജ്ഞനാണ് അപ്പം ഏത് ജ്ഞാനമാണ് അവിടെ നശിക്കുന്നത് അത് മാത്രമല്ല സുഷുത്യാദി അവസ്ഥ അഭാവാച് ഈ ജാഗ്രത സ്വപ്നം സുഷുക്തിരുന്ന ഈ അവസ്ഥാന്തരങ്ങളൊക്കെ ആർക്ക ജീവനാണ് ഈശ്വരനും കണ്ടെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ എന്താവും അത് മാത്രമല്ല പറയുന്ന എന്താണ് ഉറക്കമെന്ന് പറയുന്നത് അജ്ഞാനം ഒന്നാണ് അപ്പൊ ഈശ്വരനും അജ്ഞാനം ഉണ്ടെന്ന് വരില്ലേ ഉറക്കത്തിൽ അജ്ഞാനം ഉണ്ടെങ്കിൽ ഈശ്വരനും ഉറങ്ങിയാൽ ഈശ്വരനും അജ്ഞാനം അപ്പൊ ഈശ്വരനും അജ്ഞാനിയാവും ഉറക്കത്തിൽ അതുകൊണ്ട് അതൊന്നും സ്വീകരിക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് നിത്യജ്ഞാന സംബന്ധം എന്ന് പറയുന്നത് ജീവനിൽ ചേരത്തില്ല അവിടെ നിത്യജ്ഞാന ഈശ്വരനും ചേരത്തില്ല ശ്രുതി പറയുന്നതനുസരിച്ച് നിത്യജ്ഞാനത്തെ പറഞ്ഞിരിക്കുന്നത് ഈശ്വരന്റെ സ്വരൂപമായിട്ടാണ് മാത്രമുള്ള ശ്രുതിയിൽ ഈശ്വരനെ കുറിച്ച് പറയുന്നിടത്ത് എന്ന് വെച്ചാൽ സമ്പ്രസാദനെക്കുറിച്ച് പറയുന്നിടത്ത് അവിടെ ആ സമ്പ്രസാദന എന്ന് പറയുന്നത് ജീവൻ പരമാത്മാവിനോട് ഏകീകരിച്ചിരിക്കുകയാണ് അപ്പം ആ സമ്പ്രദാ അവസ്ഥയിൽ ജ്ഞാനം വിശേഷ വിജ്ഞാനം ഇല്ലെന്നാ പറയുന്നത് ആ വിശേഷ വിജ്ഞാനം ഇല്ല എന്ന് ഈശ്വരനെ കുറിച്ച് പറയാൻ കഴിയില്ല നിത്യജ്ഞാന അവരുടെ ശ്രുതി പ്രമാണമനുസരിച്ച് നിത്യജ്ഞാന സംബന്ധ ഈശ്വരനിൽ വരില്ല എന്നാണ് ഇവിടുത്തെ വ്യാകരണം ഈ വിശേഷ വിജ്ഞാന ഭക്തും അശക്യത്വ എന്ന് പറയുന്ന ഭക്തും എന്നുള്ളത് അവിടെ ഭക്തം എന്ന് പറയുന്ന തുമ്മന്നം അപ്പോ വിജ്ഞാനെന്താണ് കർമ്മണി ഷഷ്ടി പഠിച്ചിട്ടില്ലേ കർത്തർ കർമ്മണോഹോ കൃതി ഇത് കൃതാബമാണ് വക്തെന്ന് പറയുന്നത് തുമ്മന്നം അതിന്റെ യോഗത്തിൽ കർമ്മത്തില് ജഗത കർത്ത അവിടെ കർമ്മം എന്താണോ ജഗത്ത് അന് അല്ല കൃതന്ധമായിരിക്കും കർത്താവിനും കർമ്മത്തിനും കർത്താവിനും കർമ്മത്തിൽ കൃതന്തത്തിൻ്റെ യോഗത്തിൽ ഷഷ്ടി വരും കൃതന്ധമായിട്ട് അന്വയിച്ചാൽ മതി കർത്താവിൽ ഷഷ്ടി വരുന്നെങ്ങനെ സൃഷ്ടി സൃഷ്ടിയുടെ കർത്താവ് ആര് അവിടെ എന്തു വന്നു കർത്താവ് സൃഷ്ടി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഏത് കടത്തർ കർമ്മനോഹോ ഈശ്വരസ് സൃഷ്ടി എന്ന് പറഞ്ഞ സൃഷ്ടി കർത്താവ് ഈശ്വരനാണ് പക്ഷെ അവിടെ എന്ത് ചെയ്തു ഇപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കർത്താവിലും കർമ്മത്തിലും സൃഷ്ടി വരാം പിന്നെ ഇത് കൂടാതെ സൃഷ്ടി വരാൻ സംബന്ധ സാമാന്യത്തിൽ രണ്ട് സംബന്ധത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് സൃഷ്ടി വരാം ഏതൊരു ശബ്ദത്തിലും സൃഷ്ടി അവിടെ പ്രത്യേകിച്ച് കാരകത്തിൻ്റെ ഉപേക്ഷയൊന്നുമില്ല ഒരു സംബന്ധം മാത്രമാണെങ്കിൽ കർത്താവിലോ കർമ്മത്തിലോ ഏതൊരു വേണമെങ്കിലും സൃഷ്ടി വരാം ഇപ്പം അർത്ഥം വരും വിജ്ഞാന സംബന്ധി വചന അശക്യത്വം അല്ലെ വിജ്ഞാന സംബന്ധിയായ വചനാശക്യത്വമാണ് വിജ്ഞാന വക്തുമത്വം അങ്ങനെയെടുക്കാം സംബന്ധം പക്ഷെ ഇവിടെ കൃതന്ത്രത്തിന്റെ നിയമം അനുസരിച്ച് വന്നിരിക്കുന്നു അതാണ് നമ്മൾ നിയമം പഠിച്ചു വെച്ച് കഴിഞ്ഞാലും ഭാഷയിലെ പ്രയോഗിച്ച് ആ പ്രയോഗങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഉറപ്പിച്ചാലേ ആ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല നിയമം പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീന്തൽ പഠിക്കുമ്പോലെയാണ് ഭാഷാ പ്രയോഗങ്ങളിലൂടെ അത് മനസ്സിലാക്കി എടുക്കണം അത് ചിന്തിച്ച് അങ്ങനെ കൃതന്ധ യോഗത്തിലല്ലാതെ എവിടെയെങ്കിലും ഷഷ്ടി വന്നു കഴിഞ്ഞാൽ പൊതുവെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് സംബന്ധത്തിലാണ് അത് സംബന്ധം തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുകയാണ് അതുകൊണ്ട് തസ്മാത് ജാനാത്മനോ സംബന്ധ അനാത്മനിഷ്ഠ ഇത്യനുമാനം ആശ്രയാസിദ്ധം ഇത് സിദ്ധം ജ്ഞാനാത്മനോ സംബന്ധ അനാത്മനിഷ്ഠ നേരത്തെ പറഞ്ഞ അനുമാനം ആശ്രയസിദ്ധമാണ് പൂർവക്ഷി വേറെ അനുമാനം പറയണെന്താണോ ഏത് ഗുണത്വാത് അനിത്യത്വാത് ജ്ഞാനം ആത്മാനഭവതി രൂപാധിപതി അനുമാനം സർവം അന്യതരസിദ്ധതയാ അപാസ്ഥം അനുമാനം പറയുമ്പോൾ ആദ്യം പക്ഷം സാധ്യം ഹേതു അങ്ങനെയാണ് പറയുന്നത് പക്ഷെ അങ്ങനെ നിയമമൊന്നുമില്ല ഇവിടെ പറയുന്നു ഗുണത്വാദ് ഹേതുവിനാദ്യം പറഞ്ഞു ഒരുമിച്ച് തന്നെ പല അനുമാനം പറയണം അനിത്യത്വാ മറ്റൊരു ഹേതുവിനെ പറഞ്ഞു പക്ഷം പറയുന്നു ജ്ഞാനം ശാന്തി പറയുന്നു ആത്മാനഭവതി ആത്മത്വഭാവേതു പറയുന്നുപത് ദിഷ്ടാന്തം രൂപാദി ദൃഷ്ടാന്തം പറഞ്ഞു ഹേതുവിനെ നേരത്തെ പറഞ്ഞു രണ്ട് ഹേതു പറഞ്ഞു പിന്നെ രണ്ട് അനുമാനമായിട്ട് എടുക്കും എന്താണ് ആദ്യത്തെ അനുമാനം ഗുണത്വാത് രൂപത് രണ്ടാമത് വീണ്ടും അനിത്യത്വാ അല്ലെങ്കിൽ രസവത് ഗന്ധവത് ഏതാണ് പറയുന്നത് രൂപാധി എന്ന് പറയുന്നുണ്ട് അനിത്യ ഗ ഗുണങ്ങളെല്ലാം എടുക്കുക ആദ്യത്തെ അനുമാനം നോക്കുക പക്ഷം എന്ന് പറയുന്നത് ജ്ഞാനത്തിൽ ആത്മത്വമില്ല എന്നാ പറയാ ആത്മത്വ അഭാവമാണ് സാധ്യം ആത്മത്വഭാവം ഹേതു പറഞ്ഞു ഗുണത്വ ഒരു ബോധ ആദ്യം നോക്കുക ഹേതു പക്ഷത്തിലുണ്ടോന്ന് നോക്കുക ഗുണത്വ ജ്ഞാനത്തിൽ ഗുണത്വം ഉണ്ടോ തർക്കന്മാർ പറയും ഗുണത്വ ഇനി ദൃഷ്ടാന്തം നോക്കുക രൂപവത് രസവത് ഗന്ധവത് അവിടെ ഏതുമുണ്ടോന്ന് നോക്കുക എന്താണ് ഗുണത്വമുണ്ട് പിന്നെ ആത്മത്വ അഭാവം ഉണ്ടോ എന്ന് നോക്കുക ഒരു പ്രസാദികളുടെ ആത്മത്വമുണ്ടോ ആത്മാവേലേ ഉള്ളു അപ്പൊ ഇത്രയും കൊണ്ട് എന്ത് ശ്രദ്ധിച്ചു ജ്ഞാനത്തിൽ ആത്മത്വ അഭാവമുണ്ട് ഇനി മറ്റൊരനുമാനം പറയും ആത്മാനുഭൂതി അനിത്യത്വ ഹേതുപക്ഷത്തിനുള്ള ജ്ഞാനം എന്താണ് അനിത്യത്വം ജ്ഞാനിത്യമാണല്ലോ അനിത്യത്വം പിന്നെ ദൃഷ്ടാന്തം നോക്കുക രസം രസത്തിൽ എന്തോണ്ട് അനിത്യത്വമുണ്ട് ആത്മത്വഭാവമുണ്ട് എന്തു ചെയ്തു ഇങ്ങനെ ഈ അനുമാനപ്രയോഗം നടത്തുന്നിടത്ത് ഉള്ള ഒരു വലിയ തകരാറ് പറഞ്ഞ അനുമാനങ്ങള് പോലെയല്ല ഇപ്പൊ ഇവിടെ ആരാണ് അനുമാനം നടത്തുന്നത് പൂർവ്വപക്ഷി ആരാണ് അദ്വൈതി അനുമാനം നടത്തുമ്പം പൂർവപക്ഷിക്ക് കൂടി മനസ്സിലാവുന്ന രീതി നടത്തണം മനസ്സിലാവോ എന്ന് വെച്ച ഇവിടെ പറയുന്ന ഈ അനുമാനത്തിലെ ഒരു അംശവും അദ്വൈതിയുടെ സിദ്ധാന്തമായിട്ട് യോജിക്കുന്നത് അല്ല എന്തെങ്കിലും ഒന്നും യോജിക്കണ്ടേ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒന്നും ഹേതു ദൃഷ്ടാന്തം ഒന്നും സാധ്യം ഒന്നും തന്നെ അദ്വൈതിയുടെ പക്ഷത്തിൽ സാധിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഒരു അനുമാനം നടത്തുമ്പോൾ മറ്റോർ കൂടി സ്വീകാര്യമായ എന്തെങ്കിലും കുറച്ച് അംശങ്ങളോ അതി ഉൾക്കൊള്ളിക്കണം പൂർണമായും മറുപക്ഷത്തിന് യോജിക്കാത്ത ഒരു അനുമാനം നടത്തിയാൽ സ്വന്തം പക്ഷത്തിലേ യോജിക്കത്തുള്ളു അതുകൊണ്ട് പറയുന്നു എന്താണ് അപാത്രംസർവം ഇങ്ങനെയുള്ള ഇനിയും എത്ര അനുമാനങ്ങളോ പറയാം ഈ അനുമാനങ്ങളെല്ലാം നിങ്ങളുടെ സിദ്ധാന്തത്തിൽ മാത്രം നിന്നുണ്ടായിരിക്കും അദ്വൈതി ഒട്ടും പരിഗണിക്കാതെ ആയിരിക്കും അത് അന്യതര അസിദ്ധതയ അന്യതരം എന്ന് പറഞ്ഞാൽ രണ്ടുപേരിൽ ഒരാള് ആര് അദ്വൈതി നമ്മൾ രണ്ടുപേരില് അദ്വൈതിക്ക് അസിദ്ധമാണ് പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഏത് സാധ്യം പക്ഷേ എല്ലാം അസിദ്ധമാണ് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു അപാസ്ഥം നിരസ്ഥം അതുകൊണ്ട് അങ്ങനെയുള്ള അനുമാനം പ്രയോഗിക്കാൻ പറ്റത്തില്ല രണ്ടുപേർക്കും കുറച്ച് യോജിക്കാവുന്ന എന്തെങ്കിലും വേണം അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാവർക്കും അവരവരുടെ സിദ്ധാന്തമനുസരിച്ച് അനുമാനം നടത്തി ഏതും അങ്ങ് ശ്രദ്ധിക്കാമല്ലോ നേരിട്ട് സിദ്ധാന്തം അനുമാനത്തിലൂടെ ശ്രദ്ധിക്കാൻ മറ്റോർ കൂടി ചിന്തിക്കാൻ എന്തെങ്കിലും വേണം സാധ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ആവശ്യമേ ഇല്ലല്ലോ സാധ്യത്തെ സംബന്ധിച്ചിടത്തോളം മറ്റോ സ്വീകരിക്കേണ്ട വിഷയമാവണമേ ഇല്ലല്ലോ നേരെ വിപരീതല്ലേ എപ്പോഴും തർക്കത്തിൽ അല്ല ഇപ്പൊ നേരത്തെ പറഞ്ഞെടുത്ത് ഞാൻ ആത്മനോഹോ സംബന്ധ അനാത്മനിഷ്ഠ എന്ന് പറഞ്ഞു അപ്പോൾ ജ്ഞാനത്തിലും ആത്മാവിലുമുള്ള സംബന്ധമെന്ന് പറയുമ്പം അദ്വൈതിക്ക് അവിടെ ചിന്തിക്കാനുണ്ട് ജ്ഞാനത്തിലും ആത്മാവിനുള്ള അനാത്മനിഷ്ഠം എന്ന് പറഞ്ഞു കാരണം എന്തുകൊണ്ട് ജ്ഞാനത്തിലും ആത്മാവിനുള്ള സംബന്ധം ആത്മനിഷ്ഠമാണ് അപ്പം ഈ ആത്മനിഷ്ഠമെന്ന് പറയുന്ന കാര്യത്തിൽ അദ്വൈതിക്ക് വിരോധം പറയേണ്ട കാര്യമില്ല ആത്മാവിലൊരുപാട് കാര്യങ്ങളുണ്ടല്ലോ പിന്നെ അത് ജ്ഞാനനിഷ്ഠമായെന്നിടത്താണ് അദ്വൈതിക്ക് സ്വീകരിക്കാൻ വയ്യാതെ വന്നത് ഞാനനിഷ്ഠമാണെങ്കിൽ പിന്നെ അതെന്തായി മറിച്ച് ആത്മനിഷ്ഠമാണെന്ന് പറയുന്നതിന് ദോഷമില്ല അപ്പം അവിടെ അധ്വൈക്കും ഉണ്ടൊരു ഭാഗം അവിടെ എന്തു ചെയ്തു അനാത്മനിഷ്ഠത്വം എടുത്തത് കൊണ്ടാണ് ദോഷം വന്നത് അപ്പം ഞാനത്തെ അനാത്മാവെടുത്ത് അനാത്മനിഷ്ഠത്വം വന്നപ്പോഴേ ദോഷം വന്നു അപ്പം ആത്മനിഷ്ഠം വന്നെടുത്താലോ ദോഷമില്ല അനാത്മനിഷ്ഠം ആക്കാൻ വേണ്ടി ജ്ഞാനത്തിലെടുത്തു അപ്പം അവിടെ അദ്വൈതയ്ക്കും സമ്മതമായ കുറച്ച് കാര്യങ്ങളുണ്ട് പൂർണ്ണമായും അല്ല ഇതങ്ങനെയല്ല പൂർണ്ണമായും സ്വന്തം സിദ്ധാന്തം പറയുന്നു അതിൻ്റെ അനുമാനവും കൊണ്ട് എന്താ അവരവർ ശ്രദ്ധിച്ചാൽ പോരെ ആ എന്നാൽ പിന്നെ പറയാം നിങ്ങൾക്കൂടി യോഗിക്കുന്നു താർക്കിയം പറയാണ് ശരി ഞങ്ങൾ അങ്ങനെ പറയുന്നത് എന്താണ് അഥാ ഘടതജ്ഞാനയോ സംബന്ധ ഗുണനിഷ്ഠ ജ്ഞാനനിഷ്ഠത്വ സ്വത്താവത്വ എന്താണ് ഘട തജ്ഞാനോ സംബന്ധ ഇതായി പക്ഷം ഘടതജ്ഞാനയോ ഘടവും ഞാനും തമ്മിലുള്ള സംബന്ധം ആ സംബന്ധത്തിൽ എന്ത് വരുന്നു ഗുണനിഷ്ഠത്വം വരുന്നു ഘടവും ഞാനും തമ്മിലുള്ള സംബന്ധത്തിൽ ഗുണനിഷ്ഠത്വം വരുന്നു ഞാൻ നിഷ്ഠത്വം അത് ഏതു വന്നു സത്താവുക ആദ്യം നോക്കുക പക്ഷത്തിൽ ഘടവും ജ്ഞാനവും തമ്മിലുള്ള സംബന്ധത്തിൽ ജ്ഞാനനിഷ്ഠത്വം വരും എന്തുകൊണ്ട് ഘടവും ജ്ഞാനവും തമ്മിലുള്ള സംബന്ധം ഘടത്തിനുണ്ട് ജ്ഞാനത്തിനുമുണ്ട് അതുകൊണ്ട് ജ്ഞാനനിഷ്ഠമാണ് പക്ഷത്തിൽ എന്തുവരുന്നു നിഷ്ഠത്വം ഒന്ന് പക്ഷത്തിൽ ഹേതു വന്നു എന്താ നോക്കുക സത്താവ സത്തയിൽ ഹേതു കൊണ്ടെന്ന് നോക്കണം സത്ത എന്ന് പറയുന്നത് ജ്ഞാനത്തിൽ നിഷ്ഠമാണ് ജ്ഞാനത്തിലിരിക്കുന്നു ജ്ഞാനത്തിൽ സത്തയുണ്ട് അപ്പോ സത്തയാകുന്ന പക്ഷ ദൃഷ്ടാന്തത്തിൽ എന്തും ജ്ഞാനനിഷ്ഠത്വം ഇനി ദിഷ്ടാന്തത്തിൽ സാധ്യമുണ്ടോന്ന് നോക്കുക ഗുണനിഷ്ഠത്വം സത്ത എന്ന് പറയുന്ന ഗുണത്തിലുണ്ടോ സത്ത ഗുണനിഷ്ഠമാണോ ഗുണ ഗുണവൃത്തിയാണ് ഗുണനിഷ്ഠം എന്ന് വെച്ചാൽ ഗുണവൃത്തിയാണ് സത്ത ഗുണവൃത്തിയാണ് ഗുണത്തിന്റെ അപ്പൊ സത്തയിലെന്തോലും ഗുണവൃത്തിയത്വം നിഷ്ഠത്വം വന്നു ഫലത്തിൽ എന്തോ ഏതോ ഘടവും ജ്ഞാനവും തമ്മിലുള്ള സംബന്ധമാ പക്ഷത്തിൽ ഗുണനിഷ്ഠത്വം വന്നു ഒന്നല്ലോ ഗുണനിഷ്ഠത്വം വന്നു ഇനി ഇവിടെ രണ്ട് കൂട്ടരും ചിന്തിക്കേണ്ടതാണ് ഘടം ഗുണമാണോ ആരും അംഗീകരിക്കത്തില്ലോ ഘടം ഗുണമല്ല പിന്നെ ശേഷിക്കുന്നത് എന്താണ് അവിടെ ജ്ഞാനം ജ്ഞാനത്തിൽ ഗുണനിഷ്ഠത്വം എന്നൊന്നു പറഞ്ഞാൽ ജ്ഞാനം ഗുണനിഷ്ഠമാണ് അല്ലേ ആ സംബന്ധം സംബന്ധം ഘടത്തെ ജ്ഞാനയോഗ സംബന്ധം ആ സംബന്ധത്തിൽ ഗുണനിഷ്ഠത്വം എന്ന് പറഞ്ഞാൽ ആ സംബന്ധം ഗുണനിഷ്ഠമാണ് അല്ലേ ഘടവും ജ്ഞാനവും തമ്മിലുള്ള സംബന്ധം ഗുണനിഷ്ഠമാണ് ആ സംബന്ധത്തിൽ ഗുണനിഷ്ഠത്വമാണ് ഘടവും എന്തായാലും ഗുണമില്ല പിന്നെ ശേഷിക്കുന്ന ഏതാണ് ജ്ഞാനം ജ്ഞാനത്തെ ഗുണമായി സ്വീകരിച്ചാലേ ആ ജ്ഞാനത്തിലിരിക്കുന്ന സംബന്ധത്തിൽ ഗുണനിഷ്ഠത്വം വരും എന്ന് വെച്ചാ ആ ജ്ഞാനത്തിലിരിക്കുന്ന സംബന്ധം ഗുണവൃത്തിയാണ് അപ്പൊ ആ സംബന്ധത്തിൽ എന്തുവരും ഗുണവൃത്തിവം അപ്പൊ ഘടത്ത് ഉപേക്ഷിച്ചിട്ട് ജ്ഞാനത്തിലിരിക്കുന്ന സംബന്ധത്തിൽ ഗുണവൃത്തിത്വം അംഗീകരിക്കുന്നു അപ്പൊ ജ്ഞാനത്തിലിരിക്കുന്ന സംബന്ധം സമം ഗുണവൃത്തി ജ്ഞാന വൃത്തി സംബന്ധം സമം ഗുണവൃത്തി അതുകൊണ്ട് സമ്പന്ത അതുകൊണ്ട് ജ്ഞാനം ഗുണം ഗുണം കണക്ക് മനസ്സിലാക്കുമ്പോൾ മനസ്സിലാകും ഗുണമായി ഇതിനെ നിഷേധിക്കാൻ ഒക്കത്തില്ലെന്ന് പൂർവക്ഷി തന്നെ പറയുന്നു ആര് ക്ഷി കാർക്കാദ്വീതി ആണോ ഈ അനുമാനം അദ്വൈതീ അവതരിപ്പിക്കുന്നതാണ് അനുമാനത്തെ അദ്വൈതി അവതരിപ്പിക്കുകയാണ് കാർക്കിക അനുമാനത്തെ അദ്വൈതി അവതരിപ്പിക്കുകയാണല്ലോ ആർക്കികൻ തന്നെ അദ്വൈതി ഇവിടെ അനുമാനം പറഞ്ഞേ കാർക്കികൻ ആ താർക്കികൻ പറയുന്ന ഈ അനുമാനത്തെ അംഗീകരിക്കാതെ വന്നാൽ ആരംഗീകരിക്കാതെ വിപക്ഷിച്ച ജാനാമീതി പ്രത്യക്ഷ നിരാലംബനത്വ പ്രസംഗോ ബാധക വിപക്ഷം എന്താണ് നേരത്തെ പറഞ്ഞു എന്താണ് എന്താണ് എന്താണോ നേരത്തെ പറഞ്ഞു സാധ്യ സമാനധർമ്മ ഭാഗവാൻ ധർമ്മി മറന്നുപോയി സാധ്യമല്ലെങ്കിൽ സാധ്യസമാനമായ ധർമ്മമില്ലാതിരിക്കുന്ന ധർമ്മി ധർമ്മിയാണ് വിപക്ഷം അപ്പോ ഇവിടെ ഏതാണ് വിപക്ഷം എന്താണോ ഗുണനിഷ്ഠ വിപക്ഷം സംബന്ധ ഈ സംബന്ധത്തിൽ സാധ്യമില്ല എന്നുവെച്ചാൽ എന്താണ് ഗുണനിഷ്ഠത്വം ഇല്ല അല്ലെങ്കിൽ സാധ്യസമാനമായ ധർമ്മമില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ എന്താവും വിപക്ഷമാവും വെച്ചാൽ പക്ഷത്തിൽ സാധ്യത്തെ അംഗീകരിച്ചില്ലെങ്കിൽ അതാണ് വിപക്ഷത്തിന്റെ അർത്ഥം നിങ്ങൾ പക്ഷത്തിൽ സാധ്യത്തെ അംഗീകരിച്ചില്ലെങ്കിൽ പൂർവോക്ഷി പറയുന്നു ആരാണ് പൂർവോക്ഷി െ അങ്ങനെ അത് തന്നെ അഭിപ്രായം എന്താണെന്ന് അറിയുന്നു എതിരഭിപ്രായം എന്ന് പറഞ്ഞാൽ എങ്ങനെ എതിരഭിപ്രായം വന്നു എവിടെ വന്നു എന്താണ് എതിരഭിപ്രായം എന്ന് മനസിലാകുന്നു ഇവിടെ എതിരഭിപ്രായം പറയുന്ന ആള് അദ്വൈദിയായിരിക്കും ആ അദ്വേദി എങ്ങനെ എതിരഭിപ്രായം പറയും ആണ് പറയുന്നത് സദ്യ സമാന ധർമ്മവാൻ ധർമ്മി എന്ന് പറയുകയാണെങ്കിൽ പക്ഷം തന്നെയാണ് ധർമ്മി എന്നിട്ട് പക്ഷത്തെ വിപക്ഷമാണെന്ന് പറഞ്ഞാൽ പക്ഷത്തിൽ സാധ്യമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാനാമീതി പ്രത്യേകിച്ച് നിരാലംബനത്തോ പ്രസംഗോ ബാധകുന്നു ഘടകജ്ഞാനയോഹോ സംബന്ധമാ ഘടത്തിലും ജ്ഞാനത്തിലും ഇരിക്കുന്ന അസംബന്ധം ഗുണനിഷ്ഠമാണ് എന്നുവെച്ചാൽ ആ സംബന്ധം ജ്ഞാനത്തിലിരിക്കുന്നു അതുകൊണ്ട് ജ്ഞാനം ഗുണമാണ് എന്ത് സ്വീകരിക്കാതിരുന്നുകഴിഞ്ഞാൽ പറയുന്നു അഹം ജാനാമി ഇതൊരനുഭവമാണല്ലോ അഹം ജാനാമി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം മൈ ജ്ഞാനം വർത്തതേ എന്നാണല്ലോ അതിന്റെ അർത്ഥം അഹം ജാനാമി എന്ന് പറഞ്ഞ എന്റെ അർത്ഥം എന്താണ് മൈ ജ്ഞാനം ഇത് അനുഭവമാണ് പറയുന്ന ഞങ്ങള് പറയുന്നതല്ല ഇത് അനുഭവമാണ് അവിടെ മൈ എന്ന ജ്ഞാനമിരിക്കുന്നു ജ്ഞാനാണല്ലോ ആത്മാവ് അപ്പം ജ്ഞാനം എന്ന് പറയുന്നത് ആത്മാവിനിരിക്കുന്നു അനുഭവത്തിൽ നിന്ന് തെളിയുന്നു ആത്മാവെന്ന് പറയുന്നത് ജ്ഞാനത്തിൻ്റെ ആശ്രയം അതിൽ ഇരിക്കുന്ന അധേയം ആ ആശ്രയത്തെ ആശ്രയിച്ചിരിക്കുന്ന ഒന്നാണ് ജ്ഞാനം ഇതൊക്കെ സ്വ അനുഭവത്തിൽ നിന്ന് തെളിയാം എന്തുകൊണ്ട് എന്നിൽ ജ്ഞാനം ഇരിക്കുന്നു എന്നാണ് എന്റെ അനുഭവം അല്ല ഞാനല്ല ആത്മാവെന്നാർക്കെങ്കിലും പറയാൻ പറ്റുമോ പറയാൻ പറ്റുമോ ആത്മാവ് എന്ന് പറയുമ്പോൾ തൻ ഞാൻ തന്നെയാണ് ആത്മാവ് എല്ലാവരും അത് സ്വീകരിച്ചേ പറ്റൂ താൻ തന്നെയാണ് ആത്മാവ് തന്നെ ഞാനും ഇരിക്കുന്നു അപ്പോൾ അഹം ജാനാമി എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിന്റെ ആശ്രയമാണ് താൻ അതായത് ആത്മാവ് എന്നുള്ളത് അനുഭവത്തിലൂടെ തെളിയുകയാണ് നിങ്ങളെന്താ പറയുന്നത് ജ്ഞാനത്തെ തന്നെ ആത്മാവെന്ന് പറയുന്നു ഞങ്ങളുടെ അനുഭവം വെച്ചെന്താ പറയുന്നത് ആത്മാവിൽ ജ്ഞാനം ഇരിക്കുന്നു രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് അദ്വൈതി പറയുന്നത് ജ്ഞാനം തന്നെയാണ് ആത്മാവ് പക്ഷെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പറയുന്നു ആത്മാവിൽ ജ്ഞാനം ഇരിക്കുന്നു ആത്മാവിൽ ജ്ഞാനം ഇരിക്കുന്നു എന്നുള്ള നിങ്ങളുടെ അനുഭവത്തിലൂടെ തെളിയുന്നുണ്ടെങ്കിൽ ജ്ഞാനം എങ്ങനെ ആത്മാവാകും വ്യക്തമായ ൂടെ ജ്ഞാനം ആത്മാവിലിരുന്നു ഇരിക്കുന്നു തെളിയിച്ചു കഴിഞ്ഞാൽ അപ്പൊ എന്തുവന്നു സാധ്യത ഭാവവാന ഇവിടുത്തെ ധർമ്മിന്റെ ആണ് പറയുന്നത് എന്താണ് വിവക്ഷേജ്ഞാനാമീതി പ്രത്യേകിച്ച നിരാലംബനത്വ പ്രസംഗം അപ്പോ ചോദിക്കേണ്ടി വരും നിങ്ങളുടെ അനുഭവം മൈ ജ്ഞാനം വർത്തത എന്നാണ് അവിടെ നിങ്ങളുടെ അനുഭവത്തിലുള്ള ജ്ഞാനത്തിന്റെ ആലംബനം എന്താണ് പറയുന്നത് നിങ്ങൾ പറയുന്നു ജ്ഞാനം തന്നെയാണ് ആത്മാവ് അങ്ങനെയാണെങ്കിൽ ജ്ഞാനത്തിന്റെ ആലംബനം എന്ത് ഞാനും ആത്മാവായല്ലോ ജ്ഞാനം പറയുന്നത് ആത്മാവ് അദ്വൈതി പറഞ്ഞു സമ്മതിച്ചു അപ്പം ഈ ജ്ഞാനത്തിന്റെ മൈ ജ്ഞാനം ഭർത്തക എന്ന് പറയുന്ന ഈ അനുഭവത്തിലെ ജ്ഞാനത്തിന്റെ ആലംബനം എന്താണ് ഒരലംബനം ഇല്ലെന്ന് പറയേണ്ടി വരും ജ്ഞാനം തന്നെ സ്വയം ഈ അനുഭവത്തിൻ്റെ ഒരാശ്രയം ഇല്ല എന്ന് വെച്ചാൽ നിങ്ങൾ ശരിക്കും അങ്ങനെ വന്നുകഴിഞ്ഞാൽ ആത്മാവിനെ തന്നെ നിഷേധിക്കുന്നവരായി മാറും ജ്ഞാനത്തെ ആത്മാവാക്കിയാൽ ആത്മാവനെ ശൂന്യവാദി പറയുന്ന പോലെയാവും നിന്റെ എല്ലാത്തിന്റെ ആശ്രയം എന്താണോ ശൂന്യം എന്ന് പറയേണ്ടി വരും ശൂന്യത്തിൽ നിന്ന് പൊങ്ങി വരികയാണ് ജ്ഞാനം ഇത് അവിടെയൊക്കെ പോകും അപ്പോൾ നിരാലംബനത്വ പ്രസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവന നിങ്ങൾക്ക് നിഷേധിക്കേണ്ടി വരും അനുഭവത്തിൽ നിന്നും ജ്ഞാനത്തിന് ആലംബനമില്ലെന്ന് സ്വീകരിക്കേണ്ടി വരും എന്തുകൊണ്ട് ജ്ഞാനം തന്നെ ആത്മാവായി നിരാലംബനത്തോ പ്രസംഗോ ബാധക എന്ന് പറയുന്നു നിരാലം എന്താണോ നിങ്ങള് പറയാണ് ഞങ്ങളുടെ പക്ഷത്തിൽ സാധ്യമില്ല പക്ഷത്തിൽ സാധ്യമില്ലെന്ന് തോന്നാ ഏ അനു പക്ഷത്തിൽ സാധ്യമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി അനുമാനമേ എന്താ ദോഷം പക്ഷത്തെ സാധ്യമില്ലെന്ന് പറഞ്ഞാൽ എന്താണ് മന്യൂടെ അനുഷ്ണ ദ്രവ്യത്വ അനുമാനം നടത്തേണ്ട മന്യ അനുഷ്ണമാണ് ദ്രവ്യം എന്താണ് ഏതാ ബാധ അതാണ് ബാധ എന്ന് പറയും അപ്പോ ഒരാളൊരു അനുമാനം നടത്തുമ്പോ അവിടെ പക്ഷത്തിൽ സാധ്യമില്ലെന്ന് പറഞ്ഞാൽ ബാധുദോഷം വരും അപ്പോ അതുപോലെ ഇവിടെ അദ്വൈതി പറയുകയാണ് എന്താണ് ജ്ഞാനം ആത്മാവാണ് പുറോഷ് പറയുന്നു ജ്ഞാനം കേവലം ഗുണമാണോ ആത്മാവിലിരിക്കുന്നതാണോ അത് നിങ്ങൾ അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തുവരുന്നു ആത്മാവെന്ന് പറയുന്നത് തന്നെ ബാധിച്ചു ഞാൻ ആത്മാവാണെന്നൊരു സിദ്ധാന്തം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ സിദ്ധാന്തത്തിന് തന്നെ എന്തുവരും ബാധദോഷം വരും ആ സിദ്ധാന്തം തന്നെ ബാധിതമാവും അതുകൊണ്ട് അനുഭവത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ സ്വീകരിക്കേണ്ടി വരും ജ്ഞാനം ആത്മാവല്ല മറിച്ച് ജ്ഞാനത്തിന്റെ ആശ്രയമാണ് ആത്മാവിൽ സ്വീകരിക്കേണ്ടി വരും